നിങ്ങൾ പറയുന്നു നൂറ് മണ്ടന്മാർ ചേർന്നാൽ അറിവുണ്ടാവും അറിവ് കൂടും കൂട്ടായ്മകളുമല്ലെന്നവർ ഉറപ്പിച്ച് പഠിപ്പിക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വിപരീതമാണ് ആ അറിവിനെ വിളിച്ചിട്ടാണ് പറയുന്നത് കാത്തുകൊള്ളണേ ഇവിടെ രണ്ട് രീതിയിലാണ് പറഞ്ഞു അങ്ങ് ഇങ് കാത്തുകൊള്ളണേ ദൈവമേ കാത്തുകൊ കൈവിടാതി വൃത്തിവിശേഷമായി എന്നിലുണ്ടാകുന്ന ഓരോ ഭാവങ്ങൾക്കും അനന്തകോടി പരിണാമ ഭേദങ്ങൾ മാറ്റമില്ലാത്ത രൂപം മുറിയാതെ നിലകൊള്ളണമേ എന്ന് അത് വരുന്ന ഇതം എന്നെ അജ്ഞാനത്തിലേക്ക് നയിക്കുമെന്നും അതദ്വ്യാവൃത്തി വേണമെന്നും പുഷ്പതന്ദൻ അതത് വ്യാവൃത്തിയായം ചകിതമഭിതത്തെ ശിവമഹിമയിൽ പുഷ്പകന്ദൻ ശ്രദ്ധിക്ക് പണ്ടൊക്കെ ഇരുന്ന ആളുകൾ അത്താഴുണ്ടെന്നുപോലെ ശിവമോഹിമയൊക്കെ ജപിക്കുക അതിൽ പുഷ്പകന്ധൻ പറയും തത് അല്ലാത്തത് തത് ബ്രഹ്മനിഷ്ഠം തത്വമാക്കി അങ് ഇങ് അങ്ങ് അല്ലാതെ ഇങ്ങ് ആയിപ്പോയി ഞാൻ അജ്ഞാനം കൊണ്ട് ഇനി അങ്ങ് പിടിച്ചാൽ അല്ലാതെ ഞാനങ്ങോട്ട് കയറിയല്ല പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അങ്ങായി ഞാൻ ആദ്യം മാറും അവിടെ ഇരിക്കുന്നയാള് അന്നുമില്ല പേടിക്കണ്ട അവിടെ ഇരിക്കുന്നയാൾ അവിടെ ഇരിക്കുകയുള്ളൂ പക്ഷെ എൻ്റെ മനസ്സവിടെ ഇരിക്കുന്നയാളായിട്ട് മാറും അപ്പോൾ എന്നിൽ അങ്ങ് ഒരാളുണ്ടാവും ബോധം എൻ്റെ ബോധം അകത്തിരിക്കുന്നവനായി മാറും അങ്ങനെ മാറി അവനോട് എന്റെ താഴ്ന്ന ബോധം സംവദിക്കും പ്രകർഷണയെ അർത്ഥിക്കും എന്റെ ബോധത്തിന്റെ രണ്ട് ഭാവങ്ങളാണ് അന്നും ഇന്നും എന്റെ മനസ്സ് നന്നായിരിക്കുമ്പോഴാണെങ്കിൽ ഭഗവാനെ അവിടുന്ന് കേട്ടു സമാധാനമായി എന്ന് പറഞ്ഞു പോയാൽ എല്ലാ കാര്യവും വിജയിക്കും ഞാൻ പോകുന്ന കാര്യങ്ങൾ അത്ര ശരിയല്ലെന്ന് എനിക്ക് തന്നെ അറിയാവുന്നതാണെങ്കിൽ ഓ ഒന്ന് കരുതിച്ചിരിക്കുകയാണ് നൂറ് രൂപ ഇട്ടിട്ടുണ്ട് തൃപ്തിയായില്ലെന്ന് എനിക്കറിയാം അഞ്ഞൂറ് രൂപ അടുത്തയച്ചാൽ കൊടുത്തേക്കാം എന്നിട്ടും ആ കഴിവൻ അത് സാധിച്ചതെന്നില്ല കാരണം അങ്ങിരിക്കുന്ന മനസ്സ് ഇങ്ങിരിക്കുന്നതിനെ അംഗീകരിച്ചില്ല പ്രാർത്ഥന അത്രയുള്ളൂ പ്രാർത്ഥിക്കുന്നവനും ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവനും താൻ തന്നെയാകുന്നവരേ ഈ പ്രാർത്ഥനയുള്ളൂ അത് ഉള്ളിടത്തോളം കാലം നിങ്ങളതിനെ ചുറ്റിപ്പറ്റിയൊക്കെ കാണും അത് കഴിഞ്ഞാൽ അതിന് വലിയ പറഞ്ഞുകൊണ്ടെങ്കിൽ പഠിക്കലും കാണും മനസ്സിലായില്ല ഈ അങ്ങും ഇങ്ങുമാണ് നിങ്ങൾ പോയടത്തൊക്കെ എങ്ങനെയാണ് ഇനി പോകാൻ പോകുന്നിടത്തും ഈ പോകാൻ തോന്നരുതും അങ്ങനെ തന്നെയാണ് ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവങ്ങളെല്ലാം എന്റെ ബോധം തന്നെയാണ് അത് ഉയർന്നു നിൽക്കുമ്പോൾ അതിനപ്പുറത്തൊന്നും ഉണ്ടാവില്ല ആരാധിക്കുന്നവനും ഞാൻ തന്നെയാണ് എത്ര ആരാധനകൾ എത്ര ജന്മങ്ങളിലൂടെ എത്ര മാറി ശൈവവും ശക്തവും വൈഷ്ണവവും ആയതൊക്കെ മാറി മാറി പരീക്ഷിച്ചില്ലേ സ്മൃതിമന്ദിരത്തിൽ എത്ര ദേവതകളെ ഇളക്കി പ്രതിഷ്ഠിച്ചു നിങ്ങൾ മനസ്സിലായില്ല ഇനി എത്രയെന്നും നാം എത്ര കലശങ്ങൾ മാറി മാറി കഴിച്ചു എത്ര മണി കിലേക്ക് എത്ര പുണ്യാഹങ്ങൾ നടത്തി ഉത്സവങ്ങളും കൊടിയേറ്റങ്ങളും മാറി മാറി മനുഷ്യൻ അവന്റെ സ്വത്വത്തെ നിരാസം ചെയ്തുകൊണ്ട് ചെയ്യുന്നതൊന്നും അവിടെ എത്തില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന അവിടുന്ന് കാത്തരളൊന്നും ഇനിയും എത്ര മാറേണ്ടി വരും ഇഷ്ടങ്ങളുടെയും ഇഷ്ടമില്ലായ്മകളുടെയും ലോകങ്ങളിൽ മാറി മാറി ഈ മാനവജന്മം ഇങ്ങനെ എന്നാണൊരു അന്ത്യം ഉണ്ടാവുക മനസ്സിലായില്ല ഒടുവിൽ പറയാൻ വഴിയുള്ളൂ അരത്തിന്റെ ആദിമകാലം മുതല് ഈ ജീവിതത്തെ ഒരു കടലായിട്ടാണ് രീതിയിലും പറയും ജ്ഞാന ശ്ലോകത്തിലും മധുസൂദന സരസ്വതി ഒരു ഭംഗത്തിൽ ഭാസനുമൊക്കെ പറയും ഭാസന്റെ ഒരു ഭംഗത്തിലും കാണാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേദ്രോ ജയദ്രാന്ധാരനീലോല ശല്യഗ്രാഹവതി കൃപേണി കർമ്മേനാശ്വാ ആവർത്തിനിണി കൈവർത്തകേശ അവൻ കൂടേണ്ട പേടിയല്ല കൈവർത്തകൻ തന്നെ ആയിരിക്കണം കേശവൻ എന്നതുകൊണ്ട് നിന്നില്ല കേശവന് വിശേഷുന്നത് കൊണ്ട് കൈവർത്തകൻ കൈവർത്തകൻ കൂടെയുണ്ടെങ്കിൽ വഞ്ചി മുങ്ങില്ല കാരണം അവനറിയാം ചുഴിയും തിരയും ഒക്കെ എങ്ങനെയാണ് തോണി തുഴഞ്ഞ് കരകയറുന്നതും അവൻ്റെ തോണി ചുഴിയിൽ പെടില്ല നല്ല കൈവർത്തകനെ മുറുക്ക പിടിക്കണം അവിടെയുണ്ട് ഈ ഭോസാഗരം സ്വാമി വിവേകാനന്ദനും പാടുന്നുണ്ട് സംസാരമാകും മഹാബ്ദിയിൽ ആരണ്ടൊക്കെ പടർന്നു ഏഹ് സ്വാമി വിവേകാനന്ദൻ ഈ സംസാരമാകും മഹാബ്ദിയിൽ എൻക മുങ്ങുകയായി അമ്മേ മുങ്ങുകയായി കേട്ടിട്ടില്ല ഏഹ് എന്റെ നൗക മുങ്ങിപ്പോകാൻ തുടങ്ങുക പായയൊക്കെ കീറിപ്പോയി പായ വരുന്നോണ്ട് അത് കീറിപ്പോയി പങ്കായ ഒടിഞ്ഞു പോയി യാതൊരു നിർത്തിയില്ല വിശ്വാസമാകുന്ന പായയും ഒന്നത് മിക്കതും ജീർണിച്ച മട്ടിലായി എന്റെ തോണിക്കാരൻ സമർത്ഥനല്ല അവസാനം സ്വാമികൾ പറയുന്നത് നാമമാം തോണിയിൽ തൂങ്ങി നിൽക്കാം നിന്റെ നാമമാകുന്ന തോണിയിൽ ഞാനൊന്ന് തൂങ്ങി നിൽക്കാം നല്ല രക്ഷപ്പെടുന്നവറ്റ വേണ്ട ഒന്നും കേൾക്കാറുണ്ടാവില്ല പല സിനിമാ പാട്ടിനെ ഈരടി മാറ്റി പാടി അല്ലേ ദേവി ശ്രീദേവി അതൊക്കെ മാറ്റി മൈക്കിൽ കിട്ടിയാൽ അടിച്ച് കീർത്തനമാക്കി പാടി പഠിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ പാരടി വീഡിയോ ആയപ്പോൾ മോഡലിൽ കീർത്തനമാക്കി പാടിയിട്ടുണ്ടാവും നല്ല കാര്യം ഒന്നും പറയുമ്പോൾ നിങ്ങൾ പറയാട്ടൊന്നുമില്ല കേട്ടിട്ടുമില്ല എന്ത് ചെയ്യുമെന്ന് പറയുക കഷ്ടം അപ്പോൾ ഏതായാലും സ്വാമിജി ഇങ്ങനൊരു പാട്ട് പാടുന്നു രാമകൃഷ്ണ ഭരണാവലിയൊക്കെ എടുത്ത് പാടി നോക്കിയാൽ എനിക്ക് പറയാനേ അറിയൂല്ലോ നമുക്ക് പാടാൻ അറിയുമായിരിക്കും അതിൽ ഗംഭീരമായിട്ട് സ്വാമിജി പറയുന്ന നിന്റെ നാമമാകുന്ന തോണിയിൽ ഞാനൊന്ന് തൂങ്ങി നിൽക്കാം അതിനോട് വളരെ സ്വാദിശം കൊല്ലത്തുന്നുണ്ട് ഗുരുദേവൻ്റെ അർത്ഥമുണ്ട് പക്ഷേ ഇവിടത് നല്ലപോലെ യോജിക്കുന്നത് നിന്റെ നാമമാണ് നിന്റെ നാമമാണോ എന്നെ സംസാര താകരം താണ്ടാൻ സഹായിക്കുന്ന നിന്റെ നാമം ഒരാവിൻ തോണിയാണ് വെറും തോണിയല്ല വെള്ളിയായിട്ട് പേടിക്കാനില്ല തൊഴി ഇടിഞ്ഞാലും അപ്പോ ദൈവമേ നീ കാക്കണം അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ നീ ഭവസാഗരത്തിന് നിന്റെ നാമം ഈ ഭവസാഗരം താണ്ട പര്യാപ്തമായ ഒരാവിക്കപ്പലാണ് നീ അതിലെ നായകനും നാവികനുമാണ് നാവികൻ നീ ആ നാവികനും നാമവും നാവികനെ യാത്രക്കാർ കാണാറില്ല എവിടെയോ ഒരിടത്തിരുന്ന് യാത്രക്കാർക്കും ക്രൂവിനുമെല്ലാം നിർദ്ദേശം കൊടുക്കുന്ന ആ നാവികനെപ്പോലെ എനിക്ക് അജ്ഞേയനായ നിന്റെ നാമത്തെ പിടിച്ചു മാത്രമാണ് എൻ്റെ ഈ യാത്ര കപ്പലിലെ നാവികൻ യാത്രക്കാർക്ക് ദുർവിജ്ഞേയനാണ് അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഇടയ്ക്ക് വരും വീട്ടിലെ കപ്പലല്ലേ ഇല്ല ഇല്ലേ അങ്ങനെയല്ലേ അവസാഗരത്തിൻ്റെ കപ്പലല്ലെങ്കിലും നമ്മുടെ കപ്പലും അങ്ങനെയാണ് അപ്പം ഈ ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾ വരും ഇപ്പം പിന്നെ ക്യാപ്റ്റന് പണിയില്ലാത്ത കപ്പലുണ്ട് അതുകൊണ്ടായിരിക്കണെങ്കിൽ വരുമെന്ന് മുൻകൂട്ടി കണ്ടോന്നറിയില്ല ആവി വൻതോണി എന്നാണ് പറഞ്ഞത് ആവിക്കപ്പലിൽ ക്യാപ്റ്റന്റെ നിർദ്ദേശം ഉണ്ടാവും ഇപ്പോൾ ഓട്ടോ പൈലറ്റും ഓട്ടോ ക്യാപ്റ്റനും ഒക്കെ ഉള്ള കപ്പലുണ്ടാവും ഈ യാത്രക്കാർക്ക് ദുർവിജ്ഞേയനായ നാവികൻ്റെ നിർദ്ദേശങ്ങളെ യഥാവിധി ഉൾക്കൊണ്ട് പോയാൽ നമ്മൾ യാത്ര സുഗമമായി അവിടെ എത്തും അവിടെ നിന്റെ നാമം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം നിന്റെ നാമമാണ് കപ്പൽ നീ അതിൻ്റെ പിന്നിലും എൻ്റെ ഭവസാഗരത്തിന് ആവിക്കപ്പൽ തീർക്കുന്ന നിന്റെ നാമത്തിൽ നീയാകുന്ന നാവികൻ്റെ നിർദ്ദേശങ്ങളെ അനാഹതമായ എന്റെ ധ്വനികളിൽ കേട്ടത് ഞാനിങ്ങനെ സഞ്ചരിച്ചക്കരെ എത്തിക്കൊള്ളാം ഒരനാഹതധ്വനിയുണ്ട് എൻ്റെ ഉള്ളിൽ അനാഹതം ആഹതം അനാഹതധ്വനി കേട്ടിട്ടുണ്ടോ ഇല്ല അനാഹതം കേട്ടിട്ടില്ല ഇത്രയും പ്രായമായിട്ട് കേട്ടില്ലെങ്കിൽ ഇനി കേൾക്കാൻ വലിയ പദാണ് ആദ്യം ഈ അനാഹതധ്വനി നല്ലോണം ഉണ്ടാവും അഹങ്കാരം അതിനെ കേൾക്കാൻ സമ്മതിക്കാതെ വരും പിന്നെ അഹങ്കൃതിയിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ കേൾക്കും പിന്നെ അനാഹതം ഉണ്ടാവില്ല ചില ഭാഗ്യവാന്മാരുണ്ട് അവരനാഹതം കേൾക്കാൻ കാതു കുർപ്പിക്കും എന്ത് പറയാൻ തുടങ്ങുമ്പോഴും എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴുമൊക്കെ അവരുള്ളിലേക്ക് നോക്കും അനാഹതത്തിൻ്റെ അനുമതി ഉണ്ടോ ഒരിക്കലും ഇടമുടിയാത്തൊരനാഹതധ്വനി ഒരു പ്രണവമിശ്വന അകത്തുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തൊന്നിനോടും ഉണ്ടാവില്ല ഒന്നിനെയും തകർക്കാൻ ശ്രമിക്കില്ല എല്ലാം അപരമകാരുണികന്റെ ദയാവായ്പിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് എല്ല വേണ്ടത് തന്നെയാണ് ഇവിടെ ഒന്നും ഇനി ഞാനായിട്ട് മാറ്റിമറിക്കാനില്ല എനിക്കൊന്നേ ചെയ്യാനുള്ളൂ ആ പരമകാരുണിതൻ്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കാം എന്തെങ്കിലും ഇവിടെ തിരുത്താനുണ്ടെന്ന് തോന്നിയാൽ എൻ്റെ അനാഹം കിട്ടു കാരണം അവൻ്റെ വിവരക്കുറവ് തിരുത്താൻ ഞാൻ വിവരമുള്ളവനായി വരികയാണ് എല്ലാം പരിഷ്കർത്താക്കളും ഈശ്വരനിഷേധികളാണ് ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലും ഇങ്ങനെ വളർത്തണമെന്നും വളർത്തിക്കളയുമെന്നും വിചാരിക്കുന്ന ഒരച്ഛനും അമ്മയും ആയാൽ പോലും ഈശ്വരനുഷേധിക്കുന്നവനാണ് മനസ്സിലായില്ല കാരണം അയാൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെ വേണമെന്ന് അയാൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതിന് സഹായമായി ജീവിക്കുക ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു മഹാപുരുഷന്മാർ അങ്ങനെയായിരുന്നു അവരെന്തിനും ഏതിനും അനുഗ്രഹവർഷം ചരിച്ചു നിൽക്കുകയാണ് കാരണം എന്ത് നടക്കുന്നതും അവിടുത്തെ തിരുവുള്ളപ്പാടാണ് എന്ത് നടക്കണ്ടാതിരിക്കുന്നുവോ അതും അവിടുത്തെ ചെയ്യാം അതിൽ ഞാൻ എന്ത് ചെയ്യാം ഭഗവൻ ഞാൻ അതിലൊന്ന് ഇടപെട്ട് തിരുവുള്ളക്കേരുണ്ടാവരുതേ ഇതാണ് അറിവ് ഈ അറിവുണ്ടോ ഈ ലോകത്ത് കാണുന്നതൊക്കെ ഈ ലോകത്ത് ഏൽക്കുന്നതൊക്കെ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കറിഞ്ഞ് മാറി മറിയണമെന്നാഗ്രഹമുള്ള ഒരു നിഷേധി എന്നിലില്ലേ ശരി മനസ്സിലായില്ല ഉള്ളിടത്തോളം കാലം നമ്മൾ പണം പിടിക്കില്ല നമ്മുടെ സമാധാനം നശിക്കുകയും ചെയ്യും അത് അവിടുത്തെ കൃപ അത് അവിടുത്തെ അനുഗ്രഹം അവിടുന്ന് എത്രയോ ഉയരം ഇതാണ് സ്തോത്രം ഇപ്പോഴാണ് ശരിക്കു പറയുന്ന കർത്താവിന് സ്തോത്രം അല്ലാതെ മാ വന്നിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇത്രയാകുമ്പോൾ അലേലുയെന്ന പഠനം കുഴപ്പമില്ല വീണ്ടും ഒന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലന്തമാകണം ഒന്നൊന്നായി എണ്ണി തൊട്ട് എണ്ണപൊരുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലപ്പന്തമാകണം ഇവിടെ വലിയൊരു തലത്തിലേക്കാണ് രണ്ടാമതെത്തുന്നത് ആദ്യം നിൻ്റെ നാമമാണ് തോണി നിൻ്റെ നാമമാകുന്ന തോണിയിൽ കയറി ഞാൻ എവിടെ എത്തും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണൊമ്പൊരുളൊടുങ്ങിയാൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയവീചികൾ മുഴുവൻ അടങ്ങിയാൽ അടങ്ങാൻ കഴിയുള്ളൂ അനുഭവവേദ്യമാകുന്ന ഈ വിശ്വത്തെ അവഗ്രഹിക്കണം അതാ പ്രക്രിയ ഇവരെല്ലാം അനുഭവിക്കാൻ പോകുമ്പോൾ അവഗ്രഹിക്കാനാവില്ല വസ്ത്രം മേ കാനമ്മേർവാണം കാലപുരുഷോഹ കാലവൃപോഹന്തി ഇതിനൊക്കെ മെടുക്കാൻ അദ്ദേഹമാണ് പെട്ടെന്ന് കിളിക്കുന്ന തരത്തിൽ അദ്ദേഹം പറയും വസ്ത്രം എന്തോ ആട് കരയുന്നതാണ് അല്ലേ എനിക്ക് പ്ലാവില വേണം എനിക്ക് മാവില വേണം എന്നൊക്കെ ഈ കരച്ചിലിന്റെ അർത്ഥം അതുപോലെ എനിക്ക് വസ്ത്രം വേണം എനിക്ക് കാഞ്ചനം വേണം സ്വർണം വേണം അലൂക്കാസി പോകണം അല്ലേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയില് കാലമാകുന്ന മൃഗം അവനി പുരുഷനാകുന്ന അജത്ത പിടിച്ചെന്ന തിന്നം അത്ര ഉള്ളിന്റെ പണി എത്ര ക്ഷണികമായത് അപ്പൊ ഞാൻ കാണുകയും കേൾക്കുകയും സ്പർശിച്ചറിയുകയും ചെയ്യുന്ന കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ടറിയുന്ന ഈ അനേക ജഗത്ത് വേറൊരു വിഷയം പറയും കരണവും ഇന്ദ്രിയവും കളേപരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിയിലല്ല പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻതിരൂരുവാണ് തിരഞ്ഞുതേറി ആ ഭാനുമാന്റെ പിടിക്കണം കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ട് അറിയുന്ന ജഗത് ഇന്ദ്രിയങ്ങളും അന്ധക്കരണവും ചേർന്ന് സ്ഥൂല സൂക്ഷ്മദേഹങ്ങളോട് ചേർന്ന് അറിയുന്ന അന്യതാഗ്രഹമുണ്ടാക്കുന്നതും കാരണദേഹത്തോട് ചേർന്ന് ആഗ്രഹത്തിലേക്ക് വഴിതിലീഴുന്നതുമായ ഈ ജഗത്ത് ഓർത്താൽ പരവളിയിലെ ഭാനുമാൻ പരവളി ദേഹരാകാശ ആത്മസൂര്യന്റെ തിരൂരുവാണ് അതാ കണ്ടുപിടിക്കേണ്ടത് ഈ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ വിഷയത്തിന് പിന്നിലെ പ്രകാശം കാണണം വിഷയം കാണരുത് അപ്പോഴാണ് ഈ ജഗത്തിൻ്റെ മാത്മരികത മനസ്സിലാകുന്നത് ഇതിന്റെ എല്ലാം പിന്നില് ചോദന അതിന് തരയണം എവിടെ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എന്നും പൊരുൾ പിരിയുന്നതു ദൃക്ക് ദൃശ്യമെന്നിരുപങ്കാർന്ന അഖില അറിയുന്ന അതു അത് ഏതിനെ അറിയുന്നു ആയതു ദൃശ്യരൂപമാണ് നാരായണ ഗുരുദേവന്റെ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യസമം വന്നിട്ടുണ്ടായ വിദ്യാനന്ദ വിർദ്ധഭാഗരുടെ ഭഗവത് ദർശനമാണ് അതിന്റെ പരമ്പരയുമുണ്ട് ഇദ്ധ്യാനത്ത് തീർത്ഥപാദം എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്ന തീർത്ഥപാദ പരമഹംസ സ്വാമികളുടെയും ശിഷ്യനാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഭഗവത് എന്ന് പറഞ്ഞൊരു ദിവസം അതിലിങ്ങനെ എഴുതുന്നു പിരിയുന്ന ഇതു ദൃക് ദൃശ്യമെന്നിരുപങ്കാർന്ന അഖില പ്രപഞ്ചവും ദൃക് ഏതിനെ അറിയുന്നു അത് ദൃശ്യമാണ് അറിയപ്പെടുന്ന ഏത് ദൃശ്യവും പരിചയൊന്ന് ചുഴിഞ്ഞു നോക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ ദൃക്കിലെത്തും ദൃശ്യമാറ്റുപോകും ദൃശ്യത്തിലില്ല ദൃക്കിലുണ്ടാവും പിടിയിട്ടില്ല ഞാൻ എന്റെ ഭാര്യയോട് കോപിച്ച് വർത്തമാനം പറയുമ്പോൾ ആ കോപത്തിന്റെ കാരണം ഭാര്യയിൽ നോക്കാതെ കോപത്തെ നോക്കിയാൽ എന്നിലെത്തി മടങ്ങും ശരി വരും നീ അല്ല കോപിക്കാൻ കാരണം നിന്റെ തന്ത തരാമെന്ന് പറഞ്ഞത് കിട്ടാത്തതിലുള്ള ദേഷ്യം എന്നിൽ പുകഞ്ഞു നിന്ന് നിന്നോടായതാർക്കും അറിയാം അവളും ചോദിക്കും അങ്ങാടി തോറ്റാൻ എന്നോട് വന്ന് വേണം ഏത് ഭാവപ്രകടനങ്ങളും പരിചോടെ ചുഴിഞ്ഞു നോക്കിയാൽ അതെല്ലാം തിരിച്ചു വരും എല്ലാ ഭാവങ്ങളും വരില്ല വരില്ല ഉത്തരം പറയാൻ പറ്റും എല്ലാം സ്നേഹവും കോപവും വെറുപ്പും പ്രിയവും അപ്രിയവും എന്ന് ലജ്ജയും ഹ്രീയും ധീയും എല്ലാം തൻ്റെ സ്വരൂപത്തിലേക്ക് വരും അതുകൊണ്ട് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടും പൊരുൾ വൃത്തികൾ അനന്ത വൃത്തികളാണ് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊന്തും അല്പനേരം കന്നടച്ചിരി നോക്കുക വിലീനമായ ചിശക്തി കാണാം അനങ്ങുന്നാവും ആ ചിശക്തി ഒറ്റ നിമിഷം കൊണ്ട് അമ്മയാവും അച്ഛനാവും മകനാവും മകളാവും ഭർത്താവും ഭാര്യയാവും എല്ലാം ആവും ഒറ്റ നിമിഷം മതി ഒരു നിമിഷം മിഴിയടച്ച് ഭക്തി പുരസരം ബദരിനാരായണന്റെ തിരുമുമ്പിൽ അഞ്ജലിബദ്ധനായി ബദ്ധയായി നിൽക്കുമ്പോൾ ആ വിലീനമായ ശുശക്തി ബദരിനാരായണനെ ആരോപിച്ച് കാണുന്ന ഒറ്റ നിമിഷം കൊണ്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയോ ഭർത്താവോ മകനോ മകളോ അച്ഛനോ കയറി വരും ഇനി ഇവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുന്നതെന്ന് തുമ ഇവിടുന്ന് വരെ മുടക്കി കാശി പോയി എന്ന ഫലം ഒരു ബലമുണ്ട് കാശി പോയി ഇനി ആവേയം കൂടുതലായി ഇനി എപ്പോഴാണ് നമ്മൾ തിരിച്ചു മടങ്ങിയത് തൊട്ടുവന്നു ഇനി വേരെത്തണം മറന്നുപോയി ഇപ്പോൾ എൻ്റെ പെട്ടി തുറക്കുന്നുണ്ടാവും അവിടെ പെട്ടിയായി എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് ബദരിനാരായണന് നാരായണനുണ്ടോ ഇപ്പൊ കൂടെ ഇല്ല നാരായണൻ ഇറങ്ങിപ്പോയി ഏ ആ പെട്ടിയും പ്രമാണവും താക്കോലും ഒക്കെ ഇപ്പൊ കൂടെ ചെറിയ രൂപ മുടക്കി അവിടെ പോയി പെട്ടി കാണുന്നതിനൊക്കെ നല്ലത് ഇവിടെ നിന്ന് കണ്ടാൽ പോര ഇവരും കെട്ടിപ്പിടിച്ചിരുന്നാ പോരാ ഇവിടെയാണ് ചാത്തൻ ചെറക്ക എടുത്തു വിട്ട പോലെ പോരുന്നത് ഏറ്റവും മാറ്റവും വരില്ല മറിച്ച് വിലീനമായി അല്പം പോലും ത്രസിക്കാതിരിക്കുന്നെങ്കിൽ എവിടെ ഇരുന്നാലും അവിടെയാണ് ഓരോന്ന് എണ്ണണം അത് ചലിക്കുന്നു ചലിക്കുന്നില്ല കേവലതയിലത് നിശ്ചലമാണ് സ്വാഭാധികതയിൽ അത് ചലിക്കുന്നു ബോധം സ്വാഭാവികമാകുമ്പോൾ ജാഗ്രതും സ്വപ്നവുമാകുന്ന ഉപാധികളിൽ സുഷുപ്തിയാകുന്ന ഉപാധിയിൽ സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളാകുന്ന ഉപാധികളിൽ ഇന്ദ്രിയങ്ങളാകുന്ന ഉപാധികളിൽ അതിൻ്റെ കണ്ണാകുന്ന ഉപാധിയിൽ ബോധമെത്തിയാൽ കാണും ആ ഉപാധിയിൽ എത്തുന്നില്ലെങ്കിൽ കാഴ്ചയില്ല ചിലർക്ക് ആ ഉപാധി തന്നെ പ്രവർത്തനം വേണ്ടതെന്ന് മോളിയെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഉപാധിയെ പറ്റില്ലാതായി ആ ഉപാധിക്ക് കഴിവുണ്ടെങ്കിലും ഇപ്പം ആ ഉപാധിയിൽ ഈ ബോധം എത്തുന്നില്ലെങ്കിൽ മുമ്പിൽ കൂടെ പോയാലും കാണുകയാ ഞാൻ നിന്നെ കണ്ടായിരുന്നു ഓ നീ അവിടെ അങ്ങനെ ചെത്തി നടക്കുമ്പോൾ എന്നെ കണ്ടാലുണ്ടോ അറിയുള്ളൂ സത്യം പറയുക ഞാൻ കണ്ടില്ല കാണുകയാല്ല കാരണം ബോധമില്ല ആ ഉപാധിയിൽ ആ ബോധമില്ല ഉപാധിരഹിതമായ ബോധം ഉപാധിയിൽ വരുമ്പോൾ ഉപാധികം ചലിക്കും ആ ഉപാധിയുടെ മാറ്റം അനുസരിച്ച് അതടുത്താണ് തദ്ൂരെ അത് അകലെയാണ് തത് അതികേ അടുത്താണ് തത് അന്തരത്യ അതെല്ലാത്തിൻ്റെ ഉള്ളിലാണ് അത് സർവത്യാത്യ ബാക്യതാണ് ഇങ്ങനെയൊക്കെ പഠിക്കുന്നതിന് പ്രാതല്ലേ പറയണ്ടേ നിങ്ങളീ ആധുനിക വിഷയങ്ങളൊക്കെ പഠിച്ച് ഒരുപാട്